Asalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Wassalatu wassalamu ala ash-sharafi rasulillah wa ala alihi wa ashabihi ajma'in amma ba'd. A'udhu billahi minash-shaytanir-rajim. Bismillahirrahmanirrahim. Wa man ahsana qawlan mimman da'a ila Allah wa amila salihan. Wa qala innani minal muslimin. വേദിയിൽ ഉപവിട്ടരായ പണ്ഡിത മഹത്തുക്കളെ സമുദായ നേതാക്കളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ വിളിയാലം ശ്രമിച്ച് ഈ മഹത്തായ വേദിയിലെത്തിച്ചേർന്ന സഹോദരങ്ങളെ ഉസ്താദന്മാരെ മഹല്യു ഭാരവാഹികളെ പ്രതിനിധികൾ സമയം വളരെ പരിമിതമായതുകൊണ്ട് നേരെ വിഷയത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞവസാനിപ്പിക്കുകയാണ് ദാവയുടെ ഇസ്ലാമിക രീതിശാസ്ത്രം എന്നതാണ് എന്നിലർപ്പിതമായ വിഷയം എന്ന് പറഞ്ഞാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ സൂചിപ്പിച്ച പോലെ ക്ഷണിക്കുക എന്നതാണ് ക്ഷണിക്കുന്ന വിഷയം ഏതാണോ അതിനനുസരിച്ച് ക്ഷണത്തിൻ്റെ ഗൗരവം വർദ്ധിക്കും ക്ഷണിക്കുന്നതിൻ്റെ രീതിയിൽ മാറ്റമുണ്ടാകും വിവാഹത്തിന് ക്ഷണിക്കുന്നത് പോലെയല്ല ഫുട്ബോൾ ടൂർണമെൻറ്റ് കാണാൻ ആളുകളെ ക്ഷണിക്കാറുള്ളത് ഓരോ വിഷയത്തിനും വ്യത്യസ്തമായ രീതിയും ഇവിടെ ക്ഷണിക്കുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ മാർഗത്തിലേക്കാണ് വിശുദ്ധ ഇസ്ലാമിലേക്ക് എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു ഇസ്ലാമല്ലാത്ത മതം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമോ ക്ഷണിക്കണം ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ അള്ളാഹുവാൻ മനുഷ്യന്റെ സർട്ടാവ് അല്ലാഹുവാൻ ഏതൊരു വസ്തുവും സൃഷ്ടിച്ച ആളാണ് ആ സൃഷ്ടി ഏതു രീതിയിൽ പെരുമാറണമെന്നും ഏതു രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നും പറയേണ്ടത് അവനാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിഷയത്തിലേക്ക് മാർഗത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത് ആരാണ് ക്ഷണിക്കേണ്ടത് മാർഗം കാണിക്കുന്നവൻ ആരാണോ അവൻ ക്ഷണിക്കണം മാർഗം കാണിക്കുന്നത് അള്ളാഹുവാണ് പക്ഷെ അള്ളാഹുവിൻ്റെ പ്രവർത്തന രീതി അള്ളാഹു നേരിട്ടാരെയും ക്ഷണിക്കുകയല്ല അള്ളാഹു ഒരു പ്രവർത്തനവും നേരിട്ടല്ല ചെയ്യുന്നതും നേരിട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല അധിപനാണവൻ പക്ഷെ അള്ളാഹുവിൻ്റെ പ്രവർത്തന ശൈലി മുഖേന ചെയ്യുക എന്നതാണ് അള്ളാഹു സുബാനുഭവത്തായ തന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി പ്രവാചകന്മാരെ നിയോഗിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാർ മുഖേനയാണ് അള്ളാഹു തന്റെ മാർഗത്തിലേക്ക് ആളുകൾ ക്ഷണിച്ചത് അല്ലാഹു പ്രയോഗിച്ചർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നയാൾ ൾ ശ്രദ്ധിക്കാൻ ജീവിതത്തിൽ മുത്തനബി ഏറ്റവും കൂടുതൽ ചെയ്ത പ്രവർത്തനം ദാവുവിന്റെ പ്രവാചകർ കൃത്യമായി നമസ്കരിച്ചു കറിയുന്നവരാ എന്തിനേറെ ഘട്ടത്തിൽ പോലും കയ്യിലുള്ള ഏഴ് ദുരിതം എടുത്ത് ദാനം ചെയ്തം ചെയ്തയാൾ എന്ന് പരിചയപ്പെടുത്തിയില്ല ഉമ്മത്ത് ഉണരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നയാളായിരുന്നു സമയമുണ്ട് അളവുണ്ട് ഹജ്ജു ചെയ്യാൻ കാലമുണ്ട് നോമ്പടി കാലം അല്ലാഹു പറഞ്ഞില്ലെന്ന ശത്രുക്കളാട്ട ഓടിച്ചു അള്ളാഹുവിന്റെ പ്രഭാസന്ത്രപ്പിന്റെ കൽപ്പന പ്രകാരം തന്ത്രപരമായി രക്ഷപ്പെടുകയാത്തനബി മദീനയിലേക്ക് പോകുന്നു പോകുന്ന രംഗം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ രണ്ടുപേരും ആറ് പേറിൽ ഒളിച്ചു തന്നു അവിടെ നിന്ന് ദിവസങ്ങൾ താമസിച്ച വിടുന്നവർ രക്ഷപ്പെടുകയാണ് മദീനയിലേക്ക് പോകുന്നവരിൽ മുത്തനബിയുടെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും തന്റെ കുടുംബം തന്റെ പിഞ്ചു മക്കളെല്ലാവരെയും മക്കത്ത് വിട്ടേച്ച പോകുന്നത് വഴിക്ക് വെച്ച് അല്ലാഹുവിന്റെ ചില സംഘമാനുകൾ യാത്രക്കിടയിൽ ആ യാത്രക്കിടയിലും വിഷു ഇശദീകരിച്ചു കൊടുത്തു ആ ഒരു ചെറിയ സംഘം അള്ളാഹുവിന്റെ ഹബീബിന്റെ ധാവത്ത് ധാബത്തിൽ കൊണ്ട് വിഷു ഇസ്ലാമിലേക്ക് വന്നു ദാബത്തിനാഹു സമയം പറഞ്ഞില്ല നേരം പറഞ്ഞില്ല അപ്പൊ എല്ലാ മഹാനായ നബീന മുഹമ്മദ് ർ മഹാനായി എന്നിട്ടായി സഹാദികളോട് തന്റെ അനുചരന്മാരോട് പറഞ്ഞു ഇതെത്തിയിട്ടില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം സാന്നർഭികമായെങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുകയും നമ്മുടെയുമായി ബന്ധപ്പെട്ടതാണ് സമ്മേളനത്തിന്റെ പ്രമേയം നമ്മുടെ കൊച്ചു കേരളത്തിലും ലോകത്തിന്റെ വ്യത്യസ്ത സമ്മേളനത്തോടനുബന്ധമായി ചർച്ച ചെയ്ത വിഷയമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സത്യസാക്ഷികളാവുക എന്നത് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം അവിടെ അങ്ങേക്ക് ഇറക്കപ്പെട്ടത് അങ്ങേക്ക് നൽകിയത് അങ്ങ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം ഹബീബായും ഇവിടെ സന്നിതായവർ ഈ സത്യം സാക്ഷികളായവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം മഹാനായി നബിഹി വസ്ലങ്ങളെ കുറിച്ച് അമ്മാഹു പറഞ്ഞത് ശ്രദ്ധിക്കൂ ഞാൻ പറഞ്ഞു വരുന്നത് രീതിയിലാണ് നമ്മൾ നടത്തേണ്ടത് കേവലം ഇരുപത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവതല്ല ഒരു സൂചന നൽകാവുന്നതാണ് പ്രവാചകൻ െന്നും ആ ദൗത്യമാണ് സതീഷ് ഗുരു അതേ വചനമല്ലേ മുത്തനബിയെ പരിചയപ്പെടുത്തിയ പറഞ്ഞ മുത്തനബിയുടെ ദൗത്യം അല്ലാഹു പരിചയപ്പെടുത്തിയ പറഞ്ഞ അതേ ദൗത്യമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ യും ചെയ്യുന്ന തിന്മ കൊണ്ട് വിരോധിക്കുക ഉത്തമ സമുദായത്തിന്റെ ഗുണം പറഞ്ഞത് നന്മ കൊണ്ട് കൽപ്പിക്കുക നന്മ കൊണ്ട് തിന്മ വിരോധിക്കുകയും ചെയ്യുക ഇതിനെ നമ്മൾ അവലംബിക്കേണ്ട രീതി ഏതാണ് വളരെ ശ്രദ്ധിച്ചു എൻ്റെ പ്രിയമുള്ള സഹോദര നിസ്കരിക്കണമെന്ന് ആഹ് പറഞ്ഞു നിസ്കാരത്തിൽ റുഖു രീതി കുറ ആനിലില്ല സുജൂതിൽ ചെല്ലേണ്ടത് വളരെ പ്രത്യക്ഷമായ രീതിയിൽ ഖുറാനിൽ കാണാൻ നമുക്ക് കഴിയുന്നില്ല കൃത്യമായതിന്റെ നിബന്ധനകൾ പറഞ്ഞു പരിശുദ്ധ ഖുറാനിൽ ആയിട്ട് കാണാനും കഴിയില്ല എന്നാൽ ശ്രദ്ധിച്ചോളൂ ദേവത്തിന്റെ ഓരോ ഘട്ടങ്ങളും രംഗങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരിശുദ്ധ ഖുറാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മുൻകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പ്രബോധന ശൈലി രീതി സ്വഭാവം അവതരിപ്പിച്ചുകൊണ്ട് മതങ്ങളോട് അള്ളാഹു പറഞ്ഞത് അതേ വഴി പിൻപറ്റുവാനാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മളും ചെയ്യേണ്ടത് അത് തന്നെയാണ് ഏത് രീതിയിലാണ് ഇസ്ലാമിക പ്രബോധനം നടത്തേണ്ടതെന്ന് ചോദിച്ചാൽ മുത്തനബിഫീതിയിലാണോ പ്രബോധന പ്രവർത്തനങ്ങൾ എത്തിയത് അതേ രീതിയിൽ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിന് പ്രധാനമായി രണ്ട് ഘട്ടങ്ങളുണ്ട് രണ്ട് ഘട്ടമുണ്ട് ഒന്നെ ജീവിതം ആ ജീവിതത്തിലെ പ്രബോധന പ്രബോധന രീതി രണ്ട് ഏതൊരാൾക്കും പഠന വിധേയമാക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും മഹാനായ പ്രവാചകർ സ്വീകരിച്ച രീതി ക്ഷമയുടെ സഹനത്തിന്റെ വിട്ടുവീഴ്ചയുടെ വിശാല മനസ്കഥയുടെ പരമാവധി വിട്ടുവീഴ്ച കാണിച്ചു കൊണ്ടുള്ള ഒരു രീതിയായിരുന്നു പ്രവാചകന്റെ മക്കാലഘട്ടത്തിലെ രീതി അതുകൊണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഹീബിനോട് നമ്മൾ എന്തിന് ഇങ്ങനെ വിഷമിക്കണം അങ്ങൊരു ചെറിയ അനുമതി തരൂ ഞങ്ങൾ ഒരുങ്ങാം അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് ചെയ്യരുത് ക്ഷമിക്കണം എന്നാൽ വസ്ലാം ശ്രദ്ധിക്കുവേണ്ട പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ സ്വീകരിക്കേണ്ട രീതി നമ്മൾ സ്വീകരിക്കേണ്ട നയം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഘട്ടത്തിലെ രീതിയും സ്വഭാവമാണ് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇസ്ലാമിന്റെ പേരിൽ ആയത്തുകൾ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് യുദ്ധരംഗത്തേക്ക് യുദ്ധമുഖത്തേക്ക് അക്രമരംഗത്തേക്ക് സ്വർപ്പക്കാരിറക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ദേവത്തിന്റെ മാർഗത്തിൽ നിന്ന് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മഹാനായ സംശലനമാണ് ഇവരൊക്കെ സമുദായത്തിന്റെ സമുദായത്തിന്റെ വിശുദ്ധ ദീനിന്റെ അകക്രം പറഞ്ഞവരാ എൺപത്തിയഞ്ചാം വാർഷിക സമ്മേളനം നമ്മൾ കൂടിയാട്ട് മലപ്പുറത്ത് വെച്ച് നടത്തുന്നുണ്ടോ എഴുപതാം വാർഷിക സമ്മേളനത്തിൽ തന്റെ ണക്കായ ശിഷ്യന്മാരെ നമ്മളൊക്കെ അവസാനമായി പറഞ്ഞത് ശക്തിപ്പെടുത്തണം മതേതരത്വ സ്വഭാവത്തിലൂടെ മാത്രമേ ഈ രാജ്യത്ത് വിശുദ്ധ ഇസ്ലാം നിലനിർത്താൻ കഴിയുമെന്ന് ആ മഹാനുഭാഗന്റെ പ്രഖ്യാപനം മഹാനായ പാനക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബങ്ങൾ അങ്ങകളെ തലിക്ഷേത്രത്തിന്റെ മേൽ താഴെകൊക്കടം തകർക്കപ്പെട്ടപ്പോ ോ മദീനയിലേക്ക് പോയത് മക്കാർക്ക് കുഫിർ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരുന്നില്ല വ്യാഖ്യാനിക്കേണ്ടിവരില്ലേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മുത്തനബിയുടെ പ്രബോധന രീതി ശൈലി മക്കയിലെ രീതിയും ശൈലിയുമാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ടത് ഞാൻ ആ ഭാഗത്തേക്ക് ഏറെ കടക്കുന്നില്ല ഞാൻ ഈ വിഷയമായി സദസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു ഞാൻ അടക്കമുള്ള പലരും മഹല്ലത്തിന്റെ പ്രതിനിധികളാണ് മഹല്ലത്തിൽ ഇസ്ലാമികമായ ചൈതന്യം നിലനിർത്തേണ്ട സതീപമാർ മഹല്ലത്തിന്റെ ഭാരവാഹികൾ എല്ലാം ഇവിടെ ഉണ്ടാകും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ സ്വീകരിക്കേണ്ട മഹല്ലത്തുകളിൽ സ്വീകരിക്കേണ്ട ഇന്ത്യ രാജ്യത്തുള്ള മഹല്ലത്തുകളിൽ പ്രബോധനത്തിന്റെ വടിയിൽ നമ്മൾ സൗദി അറേബ്യയിലെ ഇസ്ലാമിക ധർമ്മത്തിന്റെ രീതിയല്ല ഇന്ത്യ രാജ്യത്ത് പ്രയോഗിക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് പ്രയോഗിക്കേണ്ട രീതിയല്ല ചൈനയിൽ പ്രയോഗിക്കേണ്ടത് വ്യത്യസ്തമാണ് നാട് സാഹചര്യം സന്ദർഭം ആദകരണ മനഃശാസ്ത്രം ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കടത്തുകയാണ് മഹാനായണിയാഹിഹു വസല്ലോട് ആ രീതിയിലൊക്കെ ഉള്ള നിർദേശം അള്ളാഹു നൽകിയതായി കാണാനും കഴിയും ജനങ്ങളെ നമുക്ക് പല രീതിയിൽ കാണാം ഒരു മഹല്ലത്തിൽ തന്നെ ആ മഹല്ലത്തിൽ പരിഗണിക്കേണ്ട നേതാക്കൻ ഉണ്ടാകും ആ മഹലത്തിന്റെ കാരണവന്മാരുണ്ടാകും കാരണവന്മാരോട് സംസാരിക്കേണ്ടതും സാധാരണക്കാരോട് സംസാരിക്കേണ്ടതും ഒരേ രീതിയിൽ അവൻ പാടില്ല മഹാനായ നബിഹു വസ്ലം കൊടികുത്തിന്റെ തലവന് രാജാവിനെടുത്ത് കാണാം റോമിന്റെ മഹോന്നത പദവി അനുഭവിക്കുന്ന പദവിയിലിരിക്കുന്ന റോമാ സാമ്രാജ്യത്തിന്റെ തലവന് മുഹമ്മദ് നബിയിൽ നിന്നുള്ള കത്ത് വസ്ല്ലം വളരെ വിനയാന്തനായിട്ട് മഹാനായ <laughs> പ്രമാതകരാക്കത്തുന്നതും പരിഗണിക്കേണ്ടവരെ പരിഗണിച്ചുകൊണ്ട് സാധാരണക്കാരെ അവരെ കാണേണ്ട രീതിയിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഓർമ്മപ്പെടുത്തട്ടെ ഏറെ നേരം ചർച്ച ചെയ്യാനൊന്നും സമയമില്ല നമ്മളിലുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ആ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും നമ്മെ അനുകൂലിച്ചുകൊള്ളണമെന്നില്ല ആ ഒരു ബോധത്തോടെയാകണം ഓരോ പ്രവർത്തനത്തിനും നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത് മഹാനായ നബിയുല പ്രബോധന രീതി ഏതായിരുന്നു പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തി പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക അതുകൊണ്ട് എപ്പോഴും പിന്നിൽ നിർത്താൻ ശ്രമിക്കണമെന്നതാണ് മുത്തഗതിയുടെ പ്രബോധനത്തിന്റെ ഒരു മേഖല ഓരോ വിഷയത്തിലേക്കും ഓരോ രീതിയിലാണ് പറയേണ്ടത് ഞാൻ മഹല്ലും നമ്മുടെ പ്രശ്നവുക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രബോധന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു വിശ്വാസികൾ ഉണ്ടായിരുന്നു വിശ്വാസികൾ ചില സമയത്തും പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നല്ല അമലുകൾ ഓരോരുത്തരെയും സമീപിച്ചിരുന്നതും അവരുടെ മനഃശാസ്ത്ര പ്രകാരമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു ധാരണ തിരുത്തേണ്ടതുണ്ട് കേവലം പള്ളിയിൽ വെച്ചൊരു പ്രസംഗം നടത്തിയാൽ മാത്രം ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് ശുദ്ധാസംബന്ധമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വീട്ടിൽ വച്ച് പ്രഭാഷണം നടത്തുകയില്ല അള്ളാഹുബിന്റെ ഹബീബും അക്കയിലെ ഓരോ ഓരോ തരുവീതികളിലും ഇറങ്ങിച്ചെന്നു അതല്ലേ എന്ന് പറയുന്ന സൂറത്തിന്റെ വ്യാഖ്യാനം പരിശോധിച്ചാൽ കാണാം മഹാനായി നബിഹ് അലിബസ് ഓരോ കുഗ്രാമങ്ങളിലേക്കും മറങ്ങി ചെന്ന് ബസുളന്ത് ദാമത്ത് നടത്തി ദാമത്ത് നടത്തുമ്പറ സു കണ്ട് പിന്നെ നബൂൽ ചെന്നു റിഞ്ഞു റസാനെ വേദനിപ്പിച്ചു അള്ളാഹു അടിച്ചാക്ഷേപിച്ചു ഓരോരോ സമൂഹത്തിലേക്ക് റസുള്ള ചെല്ലാറുണ്ടായിരുന്നു ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പള്ളികളുടെ നമ്മുടെ റൂമിലിട്ടിരിക്കുന്ന കസേരയിൽ പ്രവർത്തിക്കാത്ത കാലത്തോളം യഥാർത്ഥ രീതിയിലുള്ള ദാവത്ത് നടക്കുകയില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഏതാനും വർഷങ്ങളായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ വളരെ ശക്തമായി നമ്മുടെ മഹലത്തിൽ എത്തു നിലനിരുന്നൊരു കാര്യമുണ്ടായിരുന്നു എന്തിനേറെ ൂടെ കാണുന്ന ഒരു കാലം എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മുടെ മഹല്ലത്തിലൊക്കെ ആളുകൾ പോലും അതും ശരിയാണ് ഇതും ശരിയാണ് എന്ന് പറയുന്ന രണ്ടു തോണിയിലും കാലു വെക്കുന്നേ എന്തിനേറെ ഒരു സ്ഥലത്തൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു ഞാൻ ഉസ്താവിനോട് മൗലികളെ കുറിച്ച് സംശയം ചോദിച്ചു അപ്പൊ ും ശരിയല്ല എന്ന് എന്ന് പറഞ്ഞാൽ വഴി മനസ്സിലാക്കിയിട്ടില്ലാത്ത പ്രബോധനം നടക്കുമ്പോ സമൂഹം ആ കാലമാകുമ്പഴാ സമൂഹം വെടിപിടിച്ചു പോകുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ദൗത്യത്തിൽ വിജയിച്ചു നമ്മുടെ മുൻകാനികൾ അതുകൊണ്ട് ആ വഴിയാണ് നമ്മുടെ അനുധാപനം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ും സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ മഹാൻമാരായ ആലിമ്യങ്ങൾ ഉണ്ടാക്കിയ പൊട്ടിമുളച്ചുണ്ടായതല്ല അപകടമുണ്ടായ കൂട്ടായ്മ ഉണ്ടാക്കിയതാണ് ആ വഴി അതിന്റെ ഇന്നിന്റെ പുലരിൽ ഇവർ നടക്കുന്ന മഹാസാഗരത്തിൽ നിന്ന് അതിന്റെ ധായിയായി സുന്ദത്തിന്റെ എന്നതിലേക്കുള്ള ഓർമ്മപ്പെടുത്തുന്നു ഇബാദ് പോലെയുള്ള സംഘടനകൾ നമുക്കുണ്ട് എങ്കിലും നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ ബാധ്യസ്ഥരാണ് മാത്രം ഓർമ്മപ്പെടുത്തി അതെല്ലാവർക്കും കഴിയാവുന്ന കാര്യം ഏറ്റവും പ്രധാനം തൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി സമർപ്പിച്ചാൽ മതി അതാ രാജാ ഗരോഡി രാജാഗരോടി മുസ്ലിമായി ഇസ്ലാമിക രാജ്യത്തു പ്രയാണം നടന്നപ്പോൾ പത്രപ്രവർത്തകർ പത്രസമ്മേളനം അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ിൽ കാണുന്ന ഇസ്ലാം മുസ്ലിംകളിൽ കാണുന്നില്ല എന്നാണ് ഓരോ ദൈമാരായിട്ടെ അവസാനിപ്പിക്കുന്നു